മിയേ കൈകഥാധിഷർമ്മശയുവാൻ ആഹാ ഭാഷത്തിന് തഥാദേഹം ഭാഷ പറഞ്ഞ പുത്ര ഭാര്യ പുത്രനും ഭാര്യ മറ്റുള്ള ബന്ധുക്കളിലും എല്ലാം വികലേഷ സകലേഷല്ല അപൂർണമായിരിക്കുമ്പോ അഹമേ വികലഹ അപൂർണമായ ഞാൻ അപൂർണനായി സകലോവ അവരെല്ലാം പൂർണമായിരുന്ന ഞാൻ പൂർണനായി എന്നിങ്ങനെ ബാഹ്യധർമാൻ തണ്ണിൽ നിന്ന് അന്യമായിരിക്കുന്ന എന്താണ് ധർമ്മങ്ങളെ ആത്മനി അധ്യസ്ഥി ആത്മാവിൽ അധ്യസിക്കുന്നു തണ്ണിൽ അധ്യസിക്കുന്നു പറയുന്നു ഇത് ഈ ദേഹത്തിൽ നിന്നും അന്യമായിരിക്കുന്നു ഭാര്യാപുത്രാദികളിരിക്കുന്ന ധർമ്മങ്ങളെ സ്വാമിത്വത്തിലൂടെ എന്റേതെന്നുള്ള വികാരത്തിലൂടെ ആത്മാവൻ അധ്യസിക്കും ആരോപിക്കുന്നു അധ്യസിക്കുന്നെ ആരോപിക്കുന്നു തഥാ ഇനി അത് കഴിഞ്ഞു ഇനി ദേഹധർമ്മ ഇനി തൻ്റെ ദേഹത്തിലേക്ക് വരികയാണ് തഥാ ദേഹധർമാൻ എന്തൊക്കെയാണ് സ്ഥൂലോഹം ഞാൻ കൃഷോഹം ഞാൻ വലിഞ്ഞവനാണ് ഗൗരോഹം ഞാൻ വെളുത്തവനാണ് തിഷ്ഠാമി അഹം തിഷ്ഠാമി ഞാൻ നിൽക്കുന്നു അഹം ഗാമി ഞാൻ നടക്കുന്നു അഹം ലംഘ്യാമി ഞാൻ ചാടുന്നു ഇതൊക്കെ ശരീരധർമ്മമാണ് അവിടെയൊക്കെ ഈ അഹം പ്രയോഗിച്ചിരിക്കുന്ന എന്താണ് ഈടെ ഓരോ പ്രയോഗത്തിലും ശരീരത്തിന്റെ ഈ ധർമ്മങ്ങളെയൊക്കെ ആത്മാവിൽ ആരോപിക്കുന്നൊണ്ടാണ് അവിടെ അഹം എന്ന് പറയുന്നത് അപ്പൊ അഹം സ്ഥൂലഹ എന്ന് പറയുന്നിടത്തോ ശരീരത്തിന്റെ ധർമ്മമായിരുന്ന സ്ഥൂലത്വത്തെ ആത്മാവൻ അധ്യസിക്കുന്നു അധ്യാസം എന്ന് പറയുന്ന ആ അനുഭവം അതാണ് ആ അനുഭവത്തെണ്ണ ഒരാൾ പറയുന്നത് ഞാൻ പരോ ഉപാധി അപേക്ഷേ ദേഹധർമ്മേമി അപേക്ഷേ പര ഉപാധി അപേക്ഷിക്കുന്ന പരോപാധി എന്ന് വെച്ച ഭാര്യ പുത്രാദിക അവരിലെല്ലാം വരുന്ന സകലത്തും വികലത്തും അതിനെ അപേക്ഷിച്ചു വരുന്ന ദേഹധർമ്മേ സ്വാമിയേ അതിനെ അപേക്ഷിച്ച് വരുന്ന ദേഹധർമ്മമാണ് തന്റെ ദേഹധർമ്മമാണ് സ്വാമിത്വം നേരത്തെ പറഞ്ഞത് ഭാര്യയിലിരിക്കുന്ന സോതുക്കാദികളെ ആശ്രയിച്ച് തന്റെ ദേഹത്തിൽ വരുന്നതാണെന്ത് സ്വാമിത്വം അതിനാണ് പറയുന്നത് ദേഹധർമ്മേ തന്റെ ദേഹധർമ്മം ആയി വരുന്ന സ്വാമിത്വം ഗതി ഇതാണ് അവസ്ഥയെങ്കിൽ എന്താണ് തന്നിൽ നിന്നും ബാഹ്യമായിരിക്കുന്ന വസ്തുക്കളിൽ തന്നിൽ സ്വാമിത്വം വന്നിട്ട് തന്നെ അത്യാസം സംഭവിക്കുന്നു അതുകൊണ്ട് താൻ ചോദുക്കാഥകളെല്ലാം അനുഭവിക്കുന്നു ഇതാണ് അവസ്ഥയെങ്കിൽ ഇതാണ് കഥയെങ്കിൽ ഇയം ഗതി ഇതാണ് ഗതിയെങ്കിൽ ഇതാണ് അവസ്ഥയെങ്കിൽ യഥാ തഥാ കൈവകഥ പിന്നെ എന്ത് കഥയാണ് പറയാനുള്ളത് പിന്നെ എന്താ പറയാനുള്ളത് എന്തിന് അനൂപാധികേഷു ദേവധർമ്മേഷു ബാഹ്യമായ ഒന്നിനാണ് ഒന്നിനെ ഉപാധി എന്ന് പറയുന്നു അങ്ങനെ ബാഹ്യമായ ഒന്നിനെ അപേക്ഷിക്കാത്ത ദേവധർമ്മ സ്വന്തം ദേവത്തിലെ ധർമ്മം ഉപാധി എന്ന് പറയുന്നത് എന്താണ് തന്നിൽ നിന്ന് അന്യമായിരിക്കുന്ന വസ്തുക്കളാരാണിവിടെ അവരിൽ വരുന്ന ധർമ്മങ്ങളെ തന്റെ ദേവധർമ്മമായിട്ടെടുത്ത് അതിനെ ആത്മാവിൽ ആരോപിച്ചിട്ട് ഞാൻ സൂചിക്കുന്നു ദുഃഖിക്കുന്നു എന്നെല്ലാം പറയും അങ്ങനെയാണെങ്കിൽ അനൗപാധികേഷു മറ്റൊരു ഉപാധികളെയും ആശ്രയിക്കാതെ കേവലം തന്റെ ദേഹത്തിൽ മാത്രം ഇരിക്കുന്ന ധർമ്മങ്ങൾ അനൗപാധികേഷു ദേവധർമ്മേഷു ദേവധർമ്മങ്ങളെന്ന് പറയുന്നത് എന്തൊക്കെയാണ് സ്ഥൂലും കൃഷിത്വം ഗൗരത്വം തുടങ്ങിയ കാര്യങ്ങൾ അങ്ങനെയുള്ള പിന്നെ സ്വന്തം ദേഹത്തിലിരിക്കുന്ന കൃഷിത്വാദികളുടെ കാര്യം പറയാനുണ്ടോന്നാണ് അതിന്റെ കാര്യം എന്ന് വെച്ചാൽ അതിന്റെ അഭ്യാസം സ്വാഭാവികമായിട്ടൊന്ന് സംഭവിക്കും ദൂരെയുള്ള ഒന്നിന്റെ അധ്യാസം തന്റെ ആത്മാവിൽ സംഭവിക്കാമെങ്കിൽ തന്റെ ദേഹത്തിലിരിക്കുന്ന ധർമ്മങ്ങളുടെ അധ്യാസം തന്നെ സംഭവിക്കും അതാണ് ദേഹധർമ്മേഷു കൃഷിത്വാദിഷു ഇതി കൈവകഥ എന്നാണ് ഇതി കൃഷിത്വാദിഷു കൈവകഥ അങ്ങനെ പിന്നെ തന്റെ ദേഹത്തിലിരിക്കുന്ന ധർമ്മങ്ങളുടെ കാര്യം പറയാനുണ്ടോ ഇതി ആശയവാൻ എന്നുള്ള ആശയത്തോടു കൂടിയാണ് ആഹാ പറയുന്നു ആര് പറയുന്നു പറയുന്നു തഥാദേഹധർമ്മ തഥാന്ന് പറഞ്ഞാൽ എങ്ങനെയാണോ ബാഹ്യധർമ്മങ്ങളെ തന്നിൽ ആരോപിക്കുന്നത് അതുപോലെ എന്തു തന്റെ ദേഹത്തിന്റെ ധർമ്മങ്ങളെയും ആരോപിക്കുന്നു ആരോപം അധ്യാസമാണ് എന്റെ അനുഭവം എന്താണ് ഞാൻ അന്തരംഗീൻ <coughs> ശരീരധർമ്മങ്ങളെ ആരോപിക്കുന്നതുപോലെ രണ്ട് തന്നെ ഇന്ദ്രിയധർമ്മങ്ങളെയും ആത്മാവൻ ആരോപിക്കുന്നതാണ് തഥാ ഇന്ദ്രിയധർമാൻ മൂക്കരന്തോഹമിതി വി ചികിത്സ അധ്യവസായ അന്ധകർണധർമ്മങ്ങളുടെയും അഭ്യാസത്തെ കുറിച്ച് പറയാണ് അതാണ് ഭാമതികാലം പറയുന്നത് എന്താണ് തഥാ ദേഹധർമാൻ അത് കഴിഞ്ഞു ദേഹാദേ അധ്യസ്ഥിതി എന്ന് അന്വേഷിക്കുന്നു ന്തരംഗാണേഹാദികളെക്കാളും അന്തരംഗമായിരിക്കുന്നു ആത്മാവിനോട് അടുത്ത് നിൽക്കുന്ന ഇന്ദ്രിയാണ് ഇന്ദ്രിയങ്ങളുടെ ധർമ്മങ്ങൾ ഇന്ദ്രിയങ്ങളെങ്ങനെയുള്ളതാണ് പറയുന്നു അധ്യസ്ഥാത്മഭാവാന ആത്മാവിൽ ആരോപിക്കപ്പെട്ടതാണ് നേരത്തെ പറഞ്ഞത് ധർമ്മി അധ്യാസപൂർവം ധർമ്മ്യാസം ശരീരം എന്ന് പറയുന്നൊരു ധർമ്മിയാണ് ആ ശരീരത്തെ ആത്മാവിൽ അധ്വസിച്ചിട്ട് ശരീരധർമ്മം സ്ഥൂലത്തും കൃഷിത്വം ഇതൊക്കെ ആരോപിക്കുന്നു ഇന്ദ്രിയം ധർമ്മികളാണ് ആ ഇന്ദ്രിയത്തെ ആത്മാവിൽ ആരോപിച്ചിട്ട് ഇന്ദ്രിയധർമ്മങ്ങളെ മൂകത്വികളെ ം തുടങ്ങിയതിനൊക്കെ മുഖത്വത്തെ അധ്യസിക്കാൻ തുടങ്ങിയ ഞാൻ മൂകനാണ് മൂകത്വം എന്ന് പറയുന്നത് ഏത് ഇന്ദ്രിയത്തിന്റെ ധർമ്മമാണ് ഏത് ഇന്ദ്രിയത്തിന്റെ ധർമ്മമാണ് ഏതാണ് ഇന്ദ്രിയം ബദിജത്വം ഏത് ഇന്ദ്രിയത്തിന്റെ ധർമ്മമാണ് അന്ധത്വം ഏത് ഇന്ദ്രിയത്തിന്റെ ധർമ്മമാണ് ഇങ്ങനെ ഓരോ ഇന്ദ്രിയങ്ങളെയും ആത്മാവിൽ ആരോപിച്ചിട്ട് അതിന്റെ ധർമ്മങ്ങളെ ആരോപിക്കുമ്പോഴാണ് ഞാൻ പറയുന്നത് ഞാൻ മൂകനാണ് ഞാൻ ബഹിരാ ഞാൻ അന്ധനാണ് ഇങ്ങനെ പറയുന്നു അവിടെ ധർമ്മീ അധ്യാസവും ധർമാധ്യാസവും നടക്കുന്നു ധർമ്മങ്ങൾ ഏതിലാണോ ഉള്ളതിനാണ് ധർമ്മി എന്ന് പറയുന്നത് മൂകത്വാദി ധർമ്മങ്ങൾ എവിടെയായിരിക്കുന്നത് ഇന്ദ്രിയങ്ങള് ഇന്ദ്രിയങ്ങളെ തന്നിൽ ആരോപിച്ച് അതിന്റെ ധർമ്മങ്ങളെ ആരോപിക്കുമ്പോ എന്തു പറയുന്നു ഇങ്ങനെ പറയുന്നു ദേഹാദിയില അന്തരംഗാണ ഇന്ദ്രിയാണ ദേഹാദികളെക്കാളും അന്തരംഗമായിരുന്ന ഇന്ദ്രിയങ്ങളെ അത് ഇന്ദ്രിയത്തെ വിശേഷിപ്പിക്കണം അധ്യസ്ഥ ആത്മഭാവാനം ഇന്ദ്രിയാണ് എന്നാണ് ആത്മഭാവത്തെ ആരോപിച്ചതായ ഇന്ദ്രിയങ്ങൾ എന്നുവെച്ചാൽ ഇന്ദ്രിയങ്ങളുടെ ആത്മബുദ്ധി വരുന്നു മനസ്സിലായോ ഞാൻ കണ്ണ് എന്നാലും പറയാറില്ല ഞാൻ ചെവി എന്ന് പറയാറില്ല അങ്ങനെ പറയാറില്ലെങ്കിലും ആ ഇന്ദ്രിയത്തെ ആത്മാവിൽ ആരോപിച്ചത് കൊണ്ടാണ് ആ ഇന്ദ്രിയത്തിലിരിക്കുന്ന ധർമ്മത്തെ കുറിച്ച് പറയുന്നത് ഞാൻ അന്തനാണ് ഞാൻ മോകനാണെന്ന് പറയുന്നു നേരിട്ട് ഞാൻ കണ്ണ് ഞാൻ കാലം പറയുന്നു അവിടെ എന്തു എന്നേ പറയത്തു അതുകൊണ്ടാണ് അവിടെ എന്തേന്ന് പറയുന്നത് അത് ശരീരത്തിന്റെ ധർമ്മമായതുകൊണ്ട് ശരീരത്തോട് ചേർന്നിരിക്കുന്നുണ്ട് ശരീരത്തിന്റെ ഭാഗമായതുകൊണ്ട് കാരണം ഇപ്പൊ കണ്ണു എന്ന് പറയുന്നതിന് ഒരു മനുഷ്യങ്ങനെ മനസ്സിലാക്കുന്നത് ഈ സ്ഥൂലമായ ശരീരത്തിന്റെ ഒരു അവയവമായിട്ടാണ് ശരിക്കും അതങ്ങനെയല്ല ിയം പേരെയാണ് പക്ഷെ അങ്ങനെയാ പറയുന്നത് അതുകൊണ്ട് ഞാൻ കണ്ണെന്ന് എന്റെ കണ്ണെന്നേ പറയത്തുള്ളൂ പക്ഷെ ആ കണ്ണിലെന്ത് വരുന്നു അന്ധത വരുമ്പോൾ പറയുന്നത് എന്താണ് ഞാൻ അന്ധനാണ് അപ്പൊ ആ ഇന്ദ്രിയത്തെ ആത്മാവിൽ ആരോപിച്ചിട്ട് അതിലെ അന്ധതയെ തന്നിൽ ആരോപിച്ച് ഞാൻ അന്ധനം പറയും ആ ആരോപണം തന്നെയാണ് അന്ധത ഞാൻ അന്ധനം പറയുന്നത് എന്നുള്ള എന്റെ അനുഭവം പറയുക എന്നുള്ളത് പറയുക നമ്മൾ സാറിന് പറയുമെങ്കിലും ഇവിടെ പറയുന്നത് നല്ല പ്രാധാന്യം പിന്നെ എന്തിനാണ് അനുഭവം ഞാൻ അറിയുന്നു ആണ് പറയുന്നത് ദേഹാദിയിലരം കാണാം ദേഹാദികളെക്കാളും ആന്തരികമായിരിക്കുന്ന അധ്യസ്ഥ ആത്മഭാവാന ഇന്ദ്രിയാണ് ആത്മാവിൽ ആരോപിക്കപ്പെട്ടതായ ഇന്ദ്രിയങ്ങളുടെ ധർമാൻ ധർമ്മങ്ങളെന്താണ് ആ ധർമ്മങ്ങൾ മൂഖത്വാധീൻ അതാണ് മൂകത്വാധീൻ ധർമാൻ മൂഖത്വാദി ധർമ്മങ്ങളെ എന്നോട് അന്വേഷിക്കണം ആത്മനി അധ്യസ്ഥീ പിന്നെ അത് മാത്രമല്ല തഥോപ്യന്തരംഗസ് അന്ധകർണസ്യോ അതിനെക്കാൾ അന്തരംഗമായിരിക്കുന്നതാണ് ആന്തരികമായിരിക്കുന്ന അന്ധക്കരണം തഥോപ്യ അതിനേക്കാളും ഏതിനേക്കാളും ഇന്ദ്രിയങ്ങളെക്കാളും ആത്മാവിനോട് അടുത്തിരിക്കുന്നതാണ് അന്ധകർണം കാരണം അത് പറയാൻ കാരണം എന്താണ് നിയന്ത്രിക്കുന്ന എന്താണ് അന്ധക്കരണം മനസ്സ് തോപ്പ അന്ധക്കരണസ്യ അധ്യസ്ഥാത്മഭാവസ്യ അവിടെ എന്ത് ചെയ്യുന്നു അന്ധക്കരണവും ആത്മാവും ആദ്യം അധ്യസിക്കുന്നു അധ്യസിച്ചതിനു ശേഷം എന്ത് ചെയ്യുന്നു അന്ധക്കരണ ധർമ്മങ്ങളെ ആത്മാവിൽ ിക്കുന്നു ആണ് പറയുന്നത് തഥോപ്യന്ത അന്തരംഗസ്യ അന്ധക്കണ്ണസ്യെന്ന് പറഞ്ഞാൽ തഥോപ്യന്തരംഗസ്യ അധ്യസ്ഥാത്മഭാവസ്യ അന്ധക്കണ്ണസ്യുന്നു ഇന്ദ്രിയങ്ങളെക്കാളും ആന്തരികമായിരിക്കുന്ന ആത്മാവിൽ അധ്യസിച്ചതായ അന്ധക്കണ്ണസ്യ ധർമ്മ അന്ധകരണത്തിന്റെ ധർമ്മങ്ങളെ അന്ധകർണധർമ്മങ്ങൾ എന്തൊക്കെയാണ് പറയുന്നു കാമസങ്കല്പം കാമം സങ്കല്പം തുടങ്ങിയ കാര്യം എന്തൊക്കെയുള്ള കാമം ക്രോധം ലജ്ജല്ല എന്തൊക്കെയുള്ള ധർമ്മങ്ങളാണ് കാമസങ്കല്പാദിയിൽ ആത്മന്യധ്യസി ആത്മാവിൽ അധ്യസിച്ചിട്ടെന്ന് പറയുന്നു ഞാൻ കാമിയാണ് ഞാൻ ക്രോധിയാണ് എന്നിങ്ങനെ അനുഭവം ഉണ്ടാകും ഈ അനുഭവം തന്നെയാണ് അധ്യാസം അപ്പോൾ അധ്യാസം ഒന്ന് ചെയ്ത ആത്മാഅനാത്മാഅ അധ്യാസം എന്ന് പറയുന്നത് അനുഭവമാകുന്ന ഉദാഹരണങ്ങളിലൂടെ എടുത്ത് കാണിക്കുകയാണ് പലതരത്തിലുള്ള അധ്യാസം അതേപോലെ ശരീരം ആത്മാവധമുള്ള അധ്യാസം എന്ന് പറഞ്ഞാൽ പോലെ ഇന്ദ്രിയവും ആത്മാവും ഇന്ദ്രിയ ആത്മാവും മന്ദക്കണ്ണവും ആത്മാവും മന്ദക്കണ്ണധർമ്മങ്ങളും ആത്മാവും ഇത്തരത്തിൽ പോകുന്നതാണ് അധ്യാസം ആത്മന്യദ്ധ്യസീതി യോജന ആത്മാവിൽ അധ്യസിക്കുന്നു ഭാഷയത്തിൽ അന്വേഷിച്ചുകൊണ്ട് യോജന എന്ന് വെച്ചാൽ അന്വേഷിക്കുന്നു അങ്ങനെ അന്വയിക്കുന്നു പറഞ്ഞാണ് തഥാ അന്ധക്കണ് തഥാന്ന് പറഞ്ഞാ എങ്ങനെയാണ് യഥാ ഇന്ദ്രിയ ധർമാൻ അതുപോലെ അന്ധക്കണ്ണ ധർമ്മൻ ഇന്ദ്രിയ ധർമ്മങ്ങളെങ്ങനെയാണോ ആത്മാവിൽ അധ്യസിക്കുന്നു അതുപോലെ അന്ധക്കണ്ഠർമ്മങ്ങളെ അധ്യസിക്കുന്നു എങ്ങനെ അന്തൊക്കെ കാമ സങ്കൽപ്പ വിചികിത്സ അധ്യവസായ കാമം ധർമ്മമാണ് സങ്കൽപ്പം എന്തൊക്കെ വിചകിത്സ എന്താണ് വിചികിത്സഅ സംശയ കാമരവോശത്തിൽ വിചികിത്സ എന്ന് പറഞ്ഞാൽ സംശയം അധ്യവസായം എന്ന് എന്താണ് നിശ്ചയം പ്രത്യേകം ം നിശ്ചയം ഇതിനെല്ലാം എന്ത് ചെയ്യുന്നു ആരോപിക്കുന്നു അടുത്ത് ബാമതി പറയുന്നു അനേന പ്രപഞ്ചേന ഈ വിശദീകരണത്തിലൂടെ അല്ലെങ്കിൽ ഈ വ്യാഖ്യാനത്തിലൂടെ അല്ലെങ്കിൽ ഈ ഭാഷ്യത്തിലൂടെ ധർമാധ്യാസം ഉക്വാ ധർമാധ്യാസത്തെ പറഞ്ഞിട്ട് തസ്യം മൂലം ധർമ്മി അധ്യാസം ആഹാ വാസ്തവത്തിൽ ധർമ്മി അധ്യാസത്തെ കുറിച്ച് പറഞ്ഞതിനു ശേഷം വേണം ധർമ്മധ്യാസത്തെ കുറിച്ച് പറയട്ടത് കാരണം ധർമ്മിയിലാണ് ധർമ്മങ്ങൾ ഇരിക്കുന്നത് ഇവിടെ ഭാഷകാരായതല്ല എന്തുകൊണ്ട് ആദ്യം ധർമ്മ അധ്യാസത്തെ കുറിച്ച് പറഞ്ഞതിന് പിന്നെ ധർമ്മി അധ്യാസത്തെ കുറിച്ച് പറയുന്നു തിരിച്ച് ധർമ്മിയാണ് മുഖ്യം അതിലാണ് എന്തിരിക്കുന്നത് ധർമ്മിയിലാണ് എന്തിരിക്കുന്നത് ധർമ്മം അപ്പം ധർമ്മീയ ആദ്യം പറയുന്നു എന്നുവെച്ചാൽ ശരീരാധ്യാസം ഇന്ദ്രിയാധ്യാസം അന്തക്കണ്ണ അധ്യാസം ഇതൊക്കെയാണ് പറയേണ്ടത് പക്ഷെ ഇവിടെ അവയുടെ പറഞ്ഞതിന് ശേഷം പിന്നെ ധർമ്മീയ അധ്യാസം എന്തുകൊണ്ടാണ് നേരത്തെ പറഞ്ഞു സമാധാനം എന്തുകൊണ്ടാണ് അങ്ങനെ ചെയ്യുന്നത് ആ മറ്റും കാരണമായിരിക്കുന്നത് ധർമ്മധ്യാസമാണ് ധർമ്മീയധ്യാസം ഈ ചിന്ത ഇങ്ങനെയുള്ള വിശകരണങ്ങൾ മുഴുവൻ എന്തിനു വേണ്ടിയിട്ടാണ് മനുഷ്യന്റെ ദുഃഖത്തിന്റെ ഉള്ള ഉപായം എന്നുള്ളതൊക്കെയാണ് ഇത് ചിന്തിക്കുന്ന മുഴുവൻ മനസിലായ അതായത് മനുഷ്യന്റെ ദുഃഖത്തെ എങ്ങനെ നിവർത്തിക്കാം ഇതൊരു വളരെ പ്രധാനപ്പെട്ട അറിഞ്ഞിരിക്കേണ്ട ഒരു കാര്യമാണ് മനുഷ്യന് ഒരുപാട് ദുഃഖങ്ങളും പ്രശ്നങ്ങളും ഈ ദുഃഖങ്ങളിൽ നിന്ന് എങ്ങനെ നിവർത്തി ഉണ്ടാവും പഴയ കാലത്ത് മനുഷ്യൻ ബുദ്ധിയുള്ള ആൾക്കാരൊക്കെ ചിന്തിച്ചെന്താണ് അങ്ങനെയാണ് ആ ബുദ്ധിയുള്ള ഒരു പണ്ടില്ലേ ഉള്ളൂ പഴയ കാലത്ത് ആൾക്കാരെ ചിന്തിച്ചാൽ ദുഃഖം എന്ന് പറയുന്ന ഉള്ളിലാണ് മനസ്സിലായത് അപ്പോ ഉള്ളിലുള്ള ദുഃഖത്തെ ഒഴിവാക്കിയ ദുഃഖത്തിൽ നിന്ന് ഇനി ബാഹ്യമായ എന്തൊക്കെ നിമിത്തങ്ങൾ ഉണ്ടായാലും ശാരീരികമായോ മാനസികമായോ ബാഹ്യമായോ എന്തൊക്കെ നിമിത്തങ്ങളുണ്ടായോ ആത്യന്തികമായി ദുഃഖം വരുന്ന ഇവിടെ ഉള്ളിൽ അപ്പൊ ഈ ദുഃഖത്തെ ഒഴിവാക്കി കഴിഞ്ഞാൽ ദുഃഖം ഇല്ലാതാവും ഇവരിങ്ങനെന്താ ചിന്തിക്കാൻ കാരണം ഉള്ളിലിരിക്കുന്ന ദുഃഖത്തെ ഒഴിവാക്കിയാ എല്ലാ ദുഃഖവും ഒഴിവാക്കുമെന്ന് ചിന്തിക്കാനെന്താ കാരണം ഏർ മനസിലായോ എ സി ഇല്ലാതെ മുറിക്കകത്തിരിക്കാൻ പറ്റൂ പറ്റു ഏഫ് ഇതാണ് പ്രശ്നം അതായത് പഴയകാലത്ത് മനുഷ്യൻ കൂടുതലും ദുഃഖം അനുഭവിച്ചിരുന്ന പ്രകൃതിയിൽ നിന്നാണ് മനസ്സിലായത് പ്രകൃതിയിൽ നിന്ന് പലതരത്തിലുള്ള പ്രകൃതിക്ഷോഭങ്ങൾ പകർച്ചവ്യാധികൾ ദാരിദ്ര്യം ഇതെല്ലാം വരുമ്പോഴത്തേക്ക് പിന്നെ അതുകൂടാതെ ഏറ്റവും വലിയ ദുഃഖം ഉണ്ടാകുന്നത് എന്താണ് ഈ ഓരോരുത്തരും ഓരോ വാർഡിലും ഓരോ രാജാക്കന്മാരും നിരന്തര അടിയും അടുത്ത വാർഡിലെ രാജ്യം അടുത്ത വാർഡാണ് രാജ്യം അത് പിടിച്ചെടുക്കാൻ വേണ്ടി അങ്ങോട്ട് പോയി അടിക്കും അത് പിടിച്ചെടുത്തു കഴിഞ്ഞാൽ എന്ത് ചെയ്യും പിന്നെ അടുത്ത വാർഡ് ഇങ്ങനെ നിരന്തര യുദ്ധവും ഈ മനുഷ്യന് എന്തുവേണം ഇത് ഒഴിവാക്കാനുള്ളൊരു വഴിയില്ല ഈ ദുഃഖങ്ങളൊക്കെ ഒഴിവാക്കണമെങ്കി എന്ത് വേണം ഈ വാർഡ് തമ്മിലുള്ള യുദ്ധമുള്ള എന്താണ് ഇപ്പൊ ഇന്ത്യക്കകത്ത് എന്താ ഇന്ത്യക്കകത്ത് യുദ്ധം നടക്കാത്തത് അങ്ങോട്ടും ഇങ്ങോട്ടും ഇവിടെ വാർഡ് യുദ്ധം നടക്കാത്തത് ഒറ്റ രാജ്യമായി എങ്ങനെ ഒറ്റ രാജ്യമായി ജനാധിപത്യത്തിലൂടെ ഇപ്പൊ ജനാധിപത്യത്തിലൂടെ ഇതൊരു രാജ്യമായി കഴിഞ്ഞപ്പോ ഇതിനകത്ത് യുദ്ധം നടക്കുന്നുണ്ട് പണ്ട് ജനാധിപത്യത്തിന്റെ സ്ഥാനത്ത് എന്തായിരുന്നു ചട്ടമ്പിമാരെന്തോന്ന് രാജാവ് കൂച്ചാളിമാരൊക്കെ ഓരോ സ്ഥലം പിടിച്ചടക്കി വെച്ചിട്ട് അവര് രാജാവെന്ന് പറയും മൂർഖന്മാര് അപ്പൊ ഇവരെന്തെയ്യും എപ്പോഴും തമ്മില് അടിച്ചുകൊണ്ടേയിരിക്കും മനുഷ്യനൊരു സുസ്ഥതത്തില്ല അതൊന്നും പിന്നെ പ്രകൃതിക്ഷവും ഇന്ദ്രനാണ് മഴ പെയ്യ് മനുഷ്യ അവനൊന്നും ചെയ്യാൻ പറ്റില്ല ഇന്ദ്രൻ വിചാരിച്ചാൽ മഴ ഇന്ദ്രൻ വിചാരിച്ചില്ലെങ്കിൽ മഴ പെയ്യത്തില്ല മനുഷ്യനായിരിക്കും ആ ഒരു പകർച്ചവ്യാധി വരുന്നു കൊറോണ വന്നില്ലെങ്കിലും ഇതിലും കടുത്ത പല സാധനങ്ങളും കൊണ്ട് കോളറയും മറ്റേപ്പനിയും മറിച്ചപ്പനിയും എലിപ്പനിയും ഒക്കെ വന്നിരുന്നു മനുഷ്യനെന്ത് ചെയ്യും ഇതിനെങ്ങനെ പ്രതിരോധിക്കണമെന്നോ എന്ത് പ്രതിവിധിയെന്നോ അവനറിയത്തില്ല പേമാരിയുണ്ടാവുന്നു മനുഷ്യനെന്ത് ചെയ്യും വരൾച്ച ഉണ്ടാവുന്നു എന്തു ചെയ്യും ഇങ്ങനെയൊക്കെ പ്രകൃതി ഒട്ടും മെരുങ്ങാതിരുന്ന ഒരു കാലഘട്ടത്തിൽ പ്രകൃതിയിൽ നിന്ന് മനുഷ്യൻ നിരന്തരമായ ദുഃഖങ്ങൾ അനുഭവിച്ചുകൊണ്ടിരുന്ന ഒരു കാലഘട്ടത്തിൽ അവന് സങ്കല്പിക്കാനും പറ്റില്ല എന്താണ് ഈ പ്രകൃതിയൊക്കെ നിയന്ത്രിച്ചിട്ട് സമാധാനമായിരിക്കാമെന്ന് അന്ന് സങ്കല്പിക്കാൻ പറ്റില്ല പക്ഷെ ദുഃഖം എങ്ങനെ ഒഴിവാക്കാമെന്നവൻ കുത്തിയിരുന്ന് ചിന്തിച്ചപ്പോഴാണ് അവൻ കണ്ടെത്തിയ ഒരു വിദ്യ എന്താണോ ദുഃഖം ഉള്ളിലാണ് അപ്പോൾ ഈ ഉള്ളിൽ നിന്ന് ദുഃഖത്തെ അങ്ങ് ഒഴിവാക്കിക്കഴിഞ്ഞാൽ ദുഃഖമില്ലാതാകുമെന്ന് ചിന്തിച്ചു കാരണം ബാഹ്യമായി പ്രകൃതി ഒരു തരത്തിനും തനിക്ക് മെരുങ്ങാത്ത ബാഹ്യമായി ഈ പ്രകൃതിയെ നിയന്ത്രിച്ചിട്ടോ കൈകാര്യം ചെയ്തിട്ടോ ദുഃഖത്തെ ഒഴിവാക്കാനുള്ള ഒരു ഉപായവും അവന്റെ കയ്യിലില്ലായിരുന്നു ഒരു വെള്ളപ്പൊക്കം വന്നു കഴിഞ്ഞാൽ അവ എന്താ വിചാരിക്കുന്നത് പ്രളയം ലോകം എന്നാണ് ലോകത്തെ കുറിച്ച് പോലും അവനൊരു ധാരണയില്ല നല്ലൊരു വെള്ളപ്പൊക്കം വന്നവയായിരിക്കുന്നു ലോകം മുഴുവൻ വെള്ളത്തിന്റെ അടിയിലായിരുന്നു ലോകം അവസാനിക്കാൻ പോകുന്നു ഇപ്പം മനുഷ്യന്റെ അജ്ഞതയും അശക്തിയും പ്രകൃതിയെ നിയന്ത്രിക്കാനുള്ള യാതൊരു ശേഷിയും ഇല്ലാതിരുന്ന ഒരു കാലം ആ കാലത്തിന് എന്താ പറയുന്നത് ആദിവാസികളുടെ കാലം ഈ ആദിവാസികളുടെ കാലത്ത് മനുഷ്യരിൽ നിന്ന് ചിന്തിച്ച ഒരു കുറുക്ക് വഴിയാണ് എന്ത് ദുഃഖം ഇല്ലാതാക്കുന്നതിന് വേണ്ടി വേറെ വഴിയില്ലാണ്ടെ ബുദ്ധിയുള്ള ആൾക്കാർ നമ്മുടെ ഉള്ളിൽ നിന്ന ദുഃഖത്തെ ഇല്ലാതാക്കാൻ വഴിയെന്ന് ചിന്തിച്ചിട്ടാണ് അവരി ഒരുപാട് ചിന്തിച്ച് ഒരുപാട് സിദ്ധാന്തങ്ങളൊക്കെ ഉണ്ടാക്കിയത് മനസിലായോ പിന്നെ ഈ ചിന്തിച്ചവർ ഇങ്ങനെ പിന്നെ ഈ വ്യവസ്ഥിതികൾ ക്രമേണ മാറിക്കൊണ്ടേ വന്നു പലപ്പോഴും ശക്തന്മാരായ രാജാക്കന്മാർ വരും അവര് പരിസരവും പിടിച്ചടക്കി വയ്ക്കും വലിയ സൈന്യത്തെ ഉണ്ടാക്കി കുറച്ചു കാലം അവിടെ സമാധാനം കാണും കാരണം അവൻ ആർക്കും ആക്രമിച്ച് കീഴ്പ്പെടുത്താൻ പറ്റില്ല വീണ്ടും അത് അവൻ ദുർബലനാകും അല്ലെങ്കിൽ അവന്റെ സന്താന പരമ്പര വീണ്ടും എല്ലാം തവനും പക്ഷെ കുറച്ചു കാലത്തെങ്കിലും ഈ എന്താണ് രാജാക്കന്മാരൊക്കെ ശക്തമായിരിക്കുമ്പം ബുദ്ധിയുള്ള ആൾക്കാർ പണ്ഡിതന്മാരെന്ന് പറയും അവരെ ഈ രാജാക്കന്മാരെന്തെയും അവർക്ക് ശത്രുക്കളെ ഒന്നും പേടിയില്ലല്ലോ കൊട്ടാരങ്ങൾ ചെല്ലും ജലവും കൊടുത്തു വയ്ക്കും എന്നിട്ട് അവരോട് അവര് സുഖമായിട്ടിരിക്കുകയല്ലേ ഇവർക്കും സുഖത്തിന് വേണ്ട എല്ലാ സൗകര്യങ്ങളും ചെയ്തു കൊടുക്കും പണക്കിഴിയാതെ കൊടുത്തിട്ട് ദുഃഖം ഇല്ലാതാക്കാനുള്ള ഇപ്പം വേറെ ദുഃഖമൊന്നുമില്ലല്ലോ വഴി പറയാ അപ്പം ഇവരവിടെ ഇരുന്ന് എന്തെയും ഇങ്ങനെയുള്ള തത്വചിന്തകളുണ്ടാക്കും ണ്ടാക്കിയിട്ട് പറയും ഇങ്ങനെയാണ് ദുഃഖത്തെ ഇല്ലാതാക്കുന്നത് അപ്പൊ എവർക്ക് സന്തോഷം കാരണം വേറെ ദുഃഖമൊന്നുമില്ല രാജാവിന് സന്തോഷം രാജാവിനും വേറെ പ്രശ്നമൊന്നുമില്ല മനസിലായോ ഇങ്ങനെയാണ് ഈ തത്വചിന്തകളൊക്കെ ഉണ്ടായത് ഈ തപസ്സെന്ന് പറയുന്ന ചിന്തയാണ് മനസ്സിലായോ ഒരു മരുത്വാമനയിൽ പോയിരുന്ന തപസ് എന്ന് പറഞ്ഞാൽ എന്താ എന്റെ അർത്ഥം അവിടെ പോയിരുന്ന ചിന്തിച്ച് ഉള്ളൂ മനസ്സിലായി നമ്മളും അവിടെ പോയി ഞാനും പോയിരുന്നിട്ടുണ്ട് പക്ഷെ ചിന്തിക്കാൻ പറ്റില്ല നമ്മൾ ചിന്തിക്കുന്നില്ല ചിന്തിച്ച ഒന്നും കിട്ടത്തുമില്ല ചിന്തി ചിന്തിച്ച് ഒരു ശുമായി പോകത്തില്ല ഗുരു ചിന്തിച്ചപ്പോ കെട്ടി പലത് പണ്ഡിതന്മാരൊക്കെ ഇരുന്ന് ചിന്തിച്ച് ഓരോ വഴിയിൽ കണ്ടെത്തിയണം മനുഷ്യൻ പുരോഗമിച്ചുകഴിഞ്ഞപ്പോ എന്തായി അവൻ പ്രകൃതിയെ നിയന്ത്രിക്കാൻ തുടങ്ങി വരുതിയിലാക്കാൻ തുടങ്ങി അവന് ഗുണമുണ്ടായി ദോഷവും പക്ഷെ അവന് ഒരുപാട് ഗുണമുണ്ടായി പുതിയ പ്രശ്നങ്ങളും ഉണ്ടാവും അത് സ്വാഭാവികമാണ് അവൻ എന്ത് ചെയ്തു ബൃഹതാരണ്യകം പണ്ട് കാട്ടിലിരുന്നാണ് ഇതൊക്കെ പഠിപ്പിക്കുന്നത് ആൾക്കാരെ മനസിലായ കാട്ടിലിരുന്ന് പഠിപ്പിച്ച എന്തെയും പാണിനു കാട്ടിലിരുന്നാണ് വ്യാകരണം പഠിപ്പിച്ചത് എന്ത് പറ്റി എന്താ പറ്റിയത് പുലിയെടുത്തുകൊണ്ട് പോയി പഠിപ്പിച്ചുകൊണ്ടിരുന്നപ്പം തന്നെ എന്ത് ചെയ്തു പാണിനി വ്യാഘ്ര ശബ്ദത്തിന്റെ വിപത്തി പറയുന്ന പുലിയുടെ വാക്യാത്തിരുന്നു കൊണ്ടാണ് പുലി കടിച്ചെടുത്തോണ്ട് പോയി വേറെ ആർക്കൊന്നും ചെയ്യാൻ പറ്റിയില്ല വ്യാധിഖ്രീരി വ്യാഘ്രഹ എന്നൊക്കെ പറഞ്ഞുകൊണ്ടിരുന്നാണ് ആ പിളർന്ന് തിന്നുന്നതാണ് വ്യാപിനി പുലിയുടെ വാക്യാത്തിരുന്നപ്പോഴാ മനസ്സിലാക്കി വാ എത്ര വലുതാണെന്ന് മണത്ത് വാതറന്ന് പിന്ന സാധനമാണ് പിന്നീട് മനുഷ്യ എന്തു ചെയ്തോ അങ്ങനെയല്ല പ്രകൃതിയെ അവൻ നിയന്ത്രിക്കാനുള്ള വിദ്യകളെ കണ്ടുപിടിച്ചപ്പോ ഭൗതികമായി ദുഃഖം നിവർത്തിക്കുക ഒരുപാട് വിദ്യകളവൻ കണ്ടുപിടിച്ചു നല്ലവണ്ണം കൃഷി ചെയ്ത് നല്ല ഭക്ഷണ സാധനങ്ങൾ ഉണ്ടാക്കി ജനാധിപത്യം വന്ന് യുദ്ധങ്ങൾക്കൊക്കെ ഒരു പരിധിവരെ നിയന്ത്രണമുണ്ടായി പകർച്ച വാതി വ്യാധികൾക്കൊക്കെ എന്തു കണ്ടുപിടിച്ചു അവന്റെ ആരോഗ്യം മെച്ചപ്പെട്ട് ശാരീരികമായ നിലകളൊക്കെ മെച്ചപ്പെട്ടു കഴിഞ്ഞപ്പോഴത്തേക്ക് നമ്മളെന്ത് ചെയ്യുന്നു നമ്മൾ ബുദ്ധിമന്മാർ എ സി മുറിക്കകത്തിരുന്ന് കൊണ്ട് ദുഃഖം നിവർത്തിക്കും അത് അതാണ് ഇന്ന് സംഭവിക്കുന്നത് മനസ്സിലായ ഇന്ന് നമ്മൾ മുറിക്കകത്തിന്ന് ഇങ്ങനെ പറയുന്നത് എന്തുകൊണ്ട് ബാഹ്യമായിട്ടുള്ള എല്ലാ സൗകര്യങ്ങളും കൊണ്ട് ഇത് കഴിഞ്ഞാൽ ഉടൻ തന്നെ ഭക്ഷണം കൂടെ നിങ്ങൾക്കും കഴിക്കാൻ എനിക്കും കഴിക്കാം ദുഃഖം നിവർത്തി പിന്നെ എന്താ ദുഃഖം കൊറേയൊക്കെ ആന്തരികമായിട്ടുണ്ടെങ്കി ഒഴിവാക്കുന്നെങ്കിൽ പോട്ടെ ഇല്ലാന്ന് പറയേണ്ട കാര്യമില്ല ആന്തരികവും ബാഹ്യവും എല്ലാം ഇന്ന് നടക്കുന്നുണ്ട് പണ്ട് ബാഹ്യമായി മനുഷ്യന് ഒരു തരത്തിലും ദുഃഖം ഒരു ഉപായം കാണാതിരുന്നപ്പോഴാണ് അവൻ ആന്തരികമായ ദുഃഖത്തെ നിവർത്തിക്കുന്നതിനുള്ള ഉപായങ്ങളിലേക്ക് തിരിഞ്ഞത് അങ്ങനെയാണ് ഇന്നത്തെ മനുഷ്യൻ ചിന്തിക്കുന്ന അങ്ങനെ എന്താ ആന്തരികമായ ദുഃഖ നിവൃത്തി എന്നും വേണം മനസ്സിലായോ പക്ഷേ ഇന്നത്തെ മനുഷ്യൻ ചിന്തിക്കുന്നത് എന്താണ് ബാഹ്യമായ ദുഃഖ നിവൃത്തി എങ്ങനെ സാധിക്കുക മനുഷ്യൻ ബാഹ്യമായ ദുഃഖ നിവൃത്തിക്ക് വേണ്ടി ശ്രമിച്ചപ്പോഴാണ് എന്ത് സംഭവിച്ചത് ലോകം പുരോഗമിച്ചത് ലോകം പുരോഗമനത്തിന്റെ പാതയിലൂടെ സഞ്ചരിച്ച എന്താണ് ബാഹ്യമായ ദുഃഖ നിവൃത്തിക്ക് വേണ്ടി ഇത് എപ്പോഴും അറിഞ്ഞിരിക്കണം ഇത് അടിസ്ഥാനപരമായ കാര്യമാണ് അപ്പോൾ അവൻ്റെ ജീവിത സൗകര്യങ്ങളെല്ലാം വർദ്ധിച്ച് മനസ്സിലായോ പ്രകൃതിക്ക് ഒരു സ്വഭാവമുണ്ട് ഒരു പ്രശ്നം പരിഹരിക്കും പുതിയൊരു പ്രശ്നം കൂടെ കൂട്ടത്തിൽ കൂടെ പ്രകൃതിയുടെ ഒരു നിയമമാണ് എവിടെന്നെങ്കിലും കുറച്ച് മണ്ണ് എടുത്തു കഴിഞ്ഞാൽ അവിടെ വരും ഒരു കുഴി വരും പക്ഷെ അവൻ എപ്പോഴും എന്തു ചെയ്യുന്നു മനുഷ്യനെന്ന് പറയുന്നത് എപ്പോഴും ഇതിനെ കൂടുതൽ കൂടുതൽ വരുതിയിലാക്കി അവൻ കൂടുതൽ കൂടുതൽ എന്ത് ചെയ്യുന്നു ഈ ബാഹ്യമായ ദുഃഖങ്ങളിൽ നിന്ന് മുക്തനാകാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ് പക്ഷെ നമുക്ക് നമ്മൾ പറയുന്ന ഇന്ന് മനുഷ്യങ്ങനെയൊക്കെ ആയതാണ് വലിയ പ്രശ്നമെന്ന് നമ്മൾ എന്തുകൊണ്ടങ്ങനെ പറയുന്നത് മനുഷ്യൻ പുരോഗമിച്ചാണ് വലിയ പ്രശ്നമെന്നാണ് ഇതുപോലെയുള്ള സ്വാമിമാർ നാട്ടിയുടെ നാൾക്കാലത്ത് പ്രത്യേകിക്കുന്നത് എന്തുകൊണ്ടാണ് അങ്ങനെ പ്രസംഗിക്കുന്നത് നമ്മളീ കഴിഞ്ഞു വന്ന പഴയ കാര്യങ്ങളും കുറിച്ച് നമുക്ക് യാതൊരു ധാരണയില്ല നമ്മൾ വിചാരിക്കുന്ന എന്താണ് പഴയ കാലത്ത് നമ്മുടെ അപ്പന്മാരൊക്കെ ഭയങ്കര സുഖത്തൊരു സൗകര്യത്തിലുമാണ് ജീവിച്ചിരുന്നത് നമ്മളാണ് ഇപ്പം കഷ്ടപ്പെടുന്നതെന്ന് സുഖ സൗകര്യം എന്തെന്നുള്ളവരറിഞ്ഞിട്ടേ ഇല്ല അവർ ഭയത്തിനും ദുഃഖത്തിനുമൊക്കെയാണ് കഴിഞ്ഞത് അതുകൊണ്ടാണ് ഇത്തരം തത്വചിന്തകളൊക്കെ ഉണ്ടായത് ഇന്നത്തെ മനുഷ്യനെന്ത് ചെയ്യുന്നു ഭൗതികമായി കഴിയുന്നത്ര ദുഃഖത്തെ നിവർത്തിക്കുന്നു പക്ഷെ മനുഷ്യന് ഇന്നും മനസ്സുണ്ട് അപ്പോ അവന് പുതിയതായ മാനസികമായ പ്രശ്നങ്ങൾ വരുമ്പോ അവിടെ അവൻ എന്ത് ചെയ്യുന്നു അവന് അത് ആ മാനസികമായ ദുഃഖങ്ങൾ നിവർത്തിക്കുന്നതിനുള്ള വഴിക്കും ചിന്തിക്കേണ്ടി വരും അത് വേണ്ടെന്നുണ്ടെ പുതിയ പുതിയ പുതിയ രീതികളും അവലംബിക്കേണ്ടി വരും അപ്പോ ഇത് മനുഷ്യന്റെ ഈ യാത്ര പഴയ കാലത്ത് നിന്ന് ഇതുവരെ എത്തിച്ചേർന്ന ആ യാത്ര മനുഷ്യന്റെ പുരോഗതി ആ പുരോഗതിയുടെ ഒരു ഭാഗമായി വേണം ഇതിനൊക്കെ ചിന്തിച്ച് മനസിലാക്കേണ്ടത് മനസിലായോ അല്ലാതെ ആ ഈ ലോകത്തിലും ഇരുന്ന് വെഡ്ഡികളുടെ സ്വർഗത്തിൽ ഇരുന്നു കൊണ്ടിതെന്ന് മനസിലാക്കി സന്യാസം പോലും ഈ ആന്തരിക ഒന്നും പ്രവർത്തിക്കുന്നുണ്ടായിരുന്നു സന്യാസം പറയുന്നത് കഞ്ഞ അസംബന്ധമായ ഒരു കാര്യം തട്ടിപ്പോ ബ്രഹ്മചാരി വരാത്ത മനുഷ്യന് ബുദ്ധി ഉണ്ടാകുന്നുണ്ട് അതായത് ഇത്രയുള്ളൂ മനസിലായോ ഈ സന്യാസം എന്നൊക്കെ പറയുന്നത് ഇന്നുമുണ്ട് സമൂഹത്തിൽ മനസിലായല്ലോ ഇന്ന് സമൂഹത്തിൽ സന്യാസം ധാരാളമുണ്ട് നമ്മളറിയുന്നില്ല തന്നെയുള്ള എങ്ങനെ സന്യാസം മനുഷ്യൻ സ്വതന്ത്രമായി ജീവിക്കാൻ ആഗ്രഹിക്കും മറ്റ് കെട്ടുപാടുകളിലൊന്നും പെടാതെ അവൻ ജോലി ചെയ്യുന്നു അവൻ്റെ ജീവിതത്തിനാവശ്യമുള്ള കാര്യങ്ങൾ സമ്പാദിക്കുന്നു സ്വതന്ത്രമായി ജീവിക്കുന്നു ഒരു രാജ്യത്തെ നിയമവ്യവസ്ഥ അനുസരിച്ച് ജീവിക്കുന്നു അവനാരെയും ഉദ്രവിക്കാൻ പോകുന്നില്ല അവന് ക്രിമിനൽ പ്രവർത്തനങ്ങളൊന്നും ഏർപ്പെടുന്നില്ല വെട്ടിപ്പ് തട്ടിപ്പും നടത്തുന്നില്ല ഒറ്റയ്ക്ക് ജീവിക്കുന്നു മരിക്കുന്നു അങ്ങനെ എത്രയോ ആൾക്കാർ ലോകം മുഴുവനുണ്ട് അപ്പോൾ ഇന്നത്തെ സന്യാസം അല്ല സന്യാസം എന്ന് പറയുന്നത് അത് ഒരു വ്യക്തിയുടെ തെരഞ്ഞെടുപ്പാണ് മനസ്സിലായോ ഇപ്പൊ നരേന്ദ്രമോദി ഒരു സന്യാസി ആണല്ലോ പുളി ഒരു സന്യാസിയാണ് പുള്ളിയുടെ ഒരു ഒരു ജീവിത രീതിയാണത് പുള്ളി അങ്ങനെ ജീവിക്കുന്നു പുളിക്ക് ഇഷ്ടമുള്ള കുറെ പ്രവർത്തികളൊക്കെ ചെയ്യുന്നു ശരിയും തെറ്റും കാണും എന്തായാലും ചെയ്യുന്നു രാജ്യത്തിന്റെ കുറെ നല്ല പ്രവർത്തനങ്ങൾ ചെയ്യുന്നു പുള്ളി ഒറ്റയ്ക്ക് ജീവിക്കുന്നു ഇന്നത്തെ സന്യാസമെന്ന് പറയുന്ന ആ രീതിയിലൊക്കെയാ പോകുന്നു അത് ശരിയായ സന്യാസം എന്നല്ല ഞാൻ പറയുന്നത് അപ്പൊ ഇന്നും സന്യാസം അങ്ങനെ മാറിക്കൊണ്ടിരിക്കുകയാണ് ഇപ്പൊ സന്യാസം നോക്കി അതാണ് ഞാൻ പറഞ്ഞത് അസംബന്ധമാണ് എന്താണ് പഴയകാലത്ത് പറഞ്ഞ സന്യാസം അതൊന്നുമില്ല പഴയ കാലത്ത് പറഞ്ഞ സന്യാസം പഴയകാലത്ത് പറഞ്ഞ സന്യാസം എന്ന് പറയുന്നത് ഭിച്ഛാടനം നടത്തി ജീവിക്കാന്ന് പറയും അതാണ് സംബന്ധം സ്വന്തം ആഹാരത്തിന് വേണ്ടി ആൾക്കാരുടെ മുമ്പെ പോയി കൈ നീട്ടുക കൈ നീട്ടിയെടുക്കുക എന്ന് പറയും ശങ്കരാചരൊക്കെ പറഞ്ഞാൽ തികച്ചുവസം ആ കാലത്തേക്ക് ഒരുപക്ഷെ പറ്റുമായി ഇന്നത്തെ കാലത്ത് തികച്ചു അസംബന്ധമാണ് സന്യാസംന്ന് പറയുന്നത് അതാണ് അതൊക്കെ അസംബന്ധമാണ് നിങ്ങളുടെ സന്യാസോ അസംബന്ധം ഒന്നും പറയാൻ പറ്റില്ല എന്തുകൊണ്ട് അതുകൊണ്ടാണോ നിങ്ങൾ പ്രവർത്തിക്കുന്നു ഒരു സ്ഥാപനത്തിന് വേണ്ടിയാണെങ്കിലും പ്രവർത്തിക്കുന്നു നിങ്ങൾ കഴിക്കുന്ന ആഹാരവും നിങ്ങളുടെ മറ്റു സൗകര്യങ്ങളൊക്കെ നിങ്ങളുടെ പ്രവൃത്തിയുടെ കൂലിയാണ് മനസ്സിലായ നിങ്ങൾ ചെയ്യുന്ന ജോലിയുടെ കൂലിയാണ് പിന്നെ പ്രശ്നമൊന്നുമില്ല ഒറ്റയ്ക്ക് ജീവിക്കുന്നു ഭാര്യ മക്കളൊന്നുമില്ല സ്വസ്ഥതയുണ്ട് പ്രശ്നമൊന്നുമില്ല പിന്നെ രാജ്യത്തുള്ള നിയമങ്ങളനുസരിച്ച് ജീവിക്കണം അത് തെറ്റിക്കരുത് അത് സന്യാസത്തിൽ കുഴപ്പമൊന്നുമില്ല അങ്ങനെ ഇന്ന് സന്യാസി മനസ്സിലാക്കാൻ പറ്റും എന്തെങ്കിലും പ്രവർത്തിക്കുക അതിന്റെ ഭൂലിയായിട്ട് ജീവിക്കുക അതുകൊണ്ട് ഈ ദുഃഖ നിവൃത്തി ഇവിടെ പറയുന്ന ഈ കാര്യം എന്ന് പറയുന്ന നമ്മള് മനുഷ്യന്റെ വളർച്ച മനുഷ്യന്റെ ചരിത്രം അതിലൂടെ കണ്ട് മനസ്സിലാകണം എങ്ങനെയാണ് ഈ ദുഃഖ നിവൃത്തി എന്ന് പറയുന്ന കാലം പഴയ കാലത്ത് അത്രയും ഇന്നിപ്പോ വരുമ്പോഴും എന്താണ് ഇന്നിപ്പോ മനുഷ്യന് ഭൗതികവുമായൊക്കെ ഒരുപാട് മാറ്റം ആൾക്കാർക്ക് ഒരുപാട് മാനസികമായ ദുഃഖങ്ങളും പ്രശ്നങ്ങളും ഒക്കെ ഇന്ന് ഇന്നത്തെ മനുഷ്യനും വലിയൊരു പ്രശ്നമാണ് അങ്ങനെ വരുമ്പോൾ അവൻ എന്ത് ചെയ്യുന്നു അവൻ ഇന്നത്തെ മനുഷ്യന്റെ മനഃശാസ്ത്ര പ്രതിവിധികളെല്ലാം അവൻ നേടുന്നു പലതരത്തിലും അവന്റെ ദുഃഖത്തെ അവന്റെ പ്രശ്നങ്ങൾ അവന് സ്വയം നിയന്ത്രിച്ച് ജീവിച്ചാ പ്രശ്നമില്ല അത് നിയന്ത്രിച്ച് ജീവിക്കാൻ കഴിയാതെ വരുമ്പോൾ അവൻ എന്ത് ചെയ്യുന്നു ഇന്നും മനുഷ്യൻ സൈക്കോതെറാപ്പിയും കൗൺസിലിംഗ് അല്ലെങ്കിൽ അവൻ അപ്പുറമുള്ള മറ്റു കാര്യങ്ങളിലൂടെയൊക്കെ എന്ത് ചെയ്യുന്നു ദുഃഖ നിവൃത്തി ഉണ്ടാക്കുന്നു പ്രശ്നങ്ങൾ ഒഴിവാക്കുന്നു അതും അറിവ് നേടുക ചെയ്യുന്നത് ഇന്നവൻ അറിവിലൂടെ അവന്റെ വ്യക്തിത്വം താൻ ആരാണ് തന്റെ പ്രശ്നം എന്താണ് അവൻ എന്തു ചെയ്യുന്നു കൌൺസിലിംഗ് എന്ന് പറഞ്ഞാൽ എന്താണ് ഒരു വ്യക്തിയെ അവന് മനസ്സിലായി കൊടുക്കുക എന്താണ് എന്റെ പ്രശ്നം ആ പ്രശ്നങ്ങൾ എങ്ങനെയാണ് അതിജീവിക്കേണ്ടത് എന്ന് അവനെ ബോധ്യപ്പെടുത്തി കൊടുക്കുന്നതാണ് അങ്ങനെ ബോധ്യപ്പെടുത്തി അവനെന്ത് ചെയ്യുന്നു സ്വയം അതിൽ നിന്ന് അവനെ സഹായിക്കുന്നു ഇതിനെയാണ് പഴയകാലത്ത് എന്ത് ആത്മബോധം കൌൺസിലിങ്ങിൽ ആത്മബോധമാണ് ചെയ്യുന്നത് ആത്മബോധമാണ് കൊടുക്കുന്നത് പിന്നെ സംഗതകാരനെ പറഞ്ഞുകൊണ്ട് എന്താണോ ഇരുട്ടിന്റെ ചാക്കില് ഇല്ലാത്ത പൂച്ച തിരയുന്ന രന്ത വ്യാമോഹം എന്ന് പറയുന്ന ബ്രഹ്മത്തെ കൊണ്ടുവരുന്നില്ലെന്നേ ഉള്ളു ബാക്കിയെല്ലാം എന്താണ് ആത്മബോധം തന്നെയാ ഒരാള് തന്നെ കുറിച്ച് തിരിച്ചറിയുക തന്റെ വ്യക്തിത്വത്തെ കുറിച്ച് അറിയുക തന്റെ മനസ്സിനെ കുറിച്ചറിയുക തന്റെ പ്രശ്നങ്ങളെ കുറിച്ച് മനസ്സിലാക്കുക അതിന്റെ പരിഹാരങ്ങളെ കുറിച്ച് സ്വയം ബോധ്യപ്പെടുക ഇതൊക്കെയാണ് ആത്മബോധം ആത്മബോധം ഇന്നുമുണ്ട് മനസ്സിലായോ അങ്ങനെയുള്ള ഒരാത്മബോധത്തിന്റെ രീതി തന്നെ ഇന്നും മനുഷ്യൻ പോട്ട് പോകുന്നു പഴയ കാലത്ത് എന്ത് ചെയ്തു ഇത്രയും മനഃശാസ്ത്രം വികസിച്ചിട്ടില്ലാത്തതുകൊണ്ട് പഴയ കാലത്ത് ഇങ്ങനെയുള്ള പഴയ ആൾക്കാരൊക്കെ എന്തു ചെയ്തു ഇതിനെല്ലാം പരിഹാരമായിട്ട് എന്തു ചെയ്തു പിന്നിൽ ആരെ കൊണ്ടുവച്ചു ആത്മാവിനെ കൊണ്ടുവച്ച് അതിലൂടെ പരിഹാരം അത് തെറ്റൊന്നുമല്ല അന്നത്തെ ഒരു രീതി അതാണ് ഞാൻ പറഞ്ഞത് ഫ്രോയിഡിന്റെ മനഃശാസനം പോലെ ഫ്രോയിഡാണ് സൈക്കോതെറാപ്പിക്കും കൌൺസിലിങ്ങിനും ഒക്കെ വലിയ പ്രാധാന്യം കൊടുത്തയാണ് പുള്ളി പറയുന്ന മനസ്സിന്റെ ശാസ്ത്രമൊന്നും ശരിയെന്നുമല്ല പക്ഷെ പുള്ളി പറയുന്ന സൈക്കോതെറാപ്പിയും എന്താണ് അതൊക്കെ വലിയ പ്രയോജനമുള്ളതാണ് അതൊക്കെ മനുഷ്യന് ഗുണം ചെയ്യും അതുതന്നെയാണ് ഇവിടെ അങ്ങനെ ഇതൊക്കെ ഗുണം ചെയ്യുന്ന കാര്യങ്ങളാണ് ഇപ്പോൾ ദോഷമല്ല ഗുണം ചെയ്യുന്ന കാര്യം തന്നെയാണ് പക്ഷെ അതെങ്ങനെയാണ് ഒരു മനുഷ്യന് വർക്ക് ചെയ്യുന്നത് എന്നുള്ള കാര്യം കൂടെ ഇന്നത്തെ നിലയിൽ നമ്മൾ മനസ്സിലാക്കണമെന്നാണ് ഞാൻ കൂടുതലായി പറയുന്നത് ദുഃഖ നിവൃത്തി എന്നൊക്കെ പറയുമ്പോൾ ഇന്ത്യ രാജ്യം ദുഃഖ നിവൃത്തി പല കാരണങ്ങളുണ്ട് ഇന്ത്യ രാജ്യം പിറകോട്ട് പോകുന്നതിന് പല പല കാരണങ്ങളുണ്ട് ഒരു കാരണമായിട്ട് പറയാൻ പറ്റില്ല ഇതാണ് ഒരു കാരണമെന്ന് പറയാൻ പറ്റില്ല കാരണം എന്തെന്ന് വെച്ചുകഴിഞ്ഞാൽ ഇപ്പൊ ഈ പറയുന്ന തത്വചിന്തയിലൊക്കെ ഇടപെടുന്ന കുറച്ചുപേരേയുള്ളൂ വണ്ടിയ ബുദ്ധിമാന്മാർ കുറച്ചുപേര് അതീ പറയുന്ന യൂറോപ്പിലും ഒക്കെ ഇങ്ങനെയുള്ള തത്വചിന്തകന്മാർ അവിടെ ഇവിടത്തേക്കാൾ കൂടുതൽ അവിടെ ഉണ്ടായിട്ടുണ്ട് അത് അവരെ പിന്നോട്ടടിച്ചില്ല പിന്നെ എനിക്കിപ്പോ തോന്നുന്നത് ഒരു പ്രധാനമായ കാരണം എന്തെന്നു വെച്ചാൽ നമ്മുടെയൊക്കെ ജീനുകളിലുള്ള വ്യത്യാസം ഒരു പ്രധാനമായൊരു കാരണം ഈ യൂറോപ്യന്മാര് അറബികളൊക്കെ നമ്മളെക്കാളും കരുത്തന്മാരായിരുന്നു എന്റെ അർത്ഥത്തിൽ പത്തോ രണ്ടായിരം വെള്ളക്കാർ ഇങ്ങോട്ട് വന്നിട്ട് എന്ത് ചെയ്തു ബുദ്ധി കൊണ്ട് ശക്തി കൊണ്ട് ഈ ഇവിടെ കിടക്കുന്ന ലക്ഷക്കണക്കിന് മനുഷ്യരെ അവരടിമളാക്കി മുസ്ലിങ്ങൾ വന്നിട്ടോ അത് തന്നെ ചെയ്ത് ബുദ്ധി കൊണ്ടോ ശക്തി കൊണ്ടോ നമുക്ക് അവരെ എതിർക്കാൻ പറ്റിയില്ല പിടിച്ചേക്കാൻ ഒരു പ്രധാനമായ കാരണം പിന്നെ മറ്റൊന്ന് ഏറ്റവും വലിയൊരു നമ്മുടെ പ്രകൃതി നമ്മുടെ പ്രകൃതി എന്ന് പറയുന്നത് എന്താണോ എ സിയാണ് ഇവിടെയുള്ള മനുഷ്യര് സുഗലോലന്മാരായിട്ട് പ്രതികൂല പ്രകൃതിയോട് അധികം ഇവർക്ക് മത്സരിക്കേണ്ടി വന്നില്ല അവിടെയുള്ളവരെല്ലാം ഒന്നി തണുപ്പ് അല്ലെങ്കിൽ തോടിനോട് പ്രതികൂല പ്രകൃതിയോട് നിരന്തരം മത്സരിച്ചവർ കൂടുതൽ കരുത്തന്മാരായി നമ്മള് അനുകൂല പ്രകൃതിയില് പടർന്ന് നമ്മൾ അമൽ ബേവികളായി മനസിലായോ അമൽ ബേവികളെ കൊണ്ട് എന്താണോ ഒന്നുമില്ല നമ്മള് സുഖന്മാരായി അങ്ങനെ ജീവിച്ചു അവരങ്ങോട്ട് വന്ന ഏ അതെ അതെ അതുപോലെ അതുപോലെ അതൊക്കെ അങ്ങനെയൊക്കെ ഞാനിത് വന്നുകൊണ്ട് പറഞ്ഞു ഇതുപോലെ പല കാരണങ്ങളും ഉണ്ട് പല കാരണങ്ങളും കൊണ്ട് നമ്മള് പിന്നെ നമ്മളെ ഒരുപാട് ഇങ്ങനെയുള്ള മാമൂലികളും ഇവിടുത്തെ സാമൂഹിക വ്യവസ്ഥ ജാതി വ്യവസ്ഥ ഏറ്റവും പ്രധാനപ്പെട്ട കാരണം ഇവിടെ ജാതി വ്യവസ്ഥയാണ് ഇവിടെ മാമൂലികൾ ഇങ്ങനെയൊക്കെ ബുദ്ധിയുള്ളവരൊക്കെ ഈ വഴിക്ക് തിരിഞ്ഞ് മറ്റു വഴിക്ക് തിരിഞ്ഞില്ല അങ്ങനെയൊക്കെയുള്ള പല ഒരു കാരണം പറയാൻ പറ്റും അതുകൊണ്ട് ഇവിടെ പറയുന്ന എന്താണ് ഈ പറയുന്ന ഇതെല്ലാം എന്താണ് ദുഃഖം നിവർത്തിക്ക് വേണ്ടിയിട്ടുള്ള കാര്യങ്ങളാണ് പറയുന്നത് അവിടെ ഇരിക്കട്ടെ